വിശ്വാസികളെ നിങ്ങൾ നമസ്കാരത്തിനെഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മുഖങ്ങളും കൈമുട്ടുകൾ വരെ കൈകളും കഴുകുക നിങ്ങളുടെ തലകളെ തടവുക കണങ്കാലുകൾ വരെ നിങ്ങളുടെ കാലുകളും കഴുകുക നിങ്ങൾ വലിയ അശുദ്ധിയുള്ളവരാണെങ്കിൽ കുളിക്കുക നിങ്ങൾ രോഗികളോ യാത്രയിലോ ആണെങ്കിലോ നിങ്ങളിലാരെങ്കിലും മലമൂത്ര വിസർജ്ജനത്തിൽ നിന്ന് വന്നാലോ അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചാലോ നിങ്ങൾക്ക് വെള്ളം ലഭിച്ചില്ലെങ്കിൽ ശുദ്ധമായ മണ്ണുകൊണ്ട് തയമും ചെയ്യുക നിങ്ങളുടെ മുഖങ്ങളും കൈകളും അതുപയോഗിച്ച് തടവുക അള്ളാഹു സുബ്ഹാനഹുവറ്റായ നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാനല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് നിങ്ങളെ ശുദ്ധീകരിക്കാനും നിങ്ങൾക്കവന്റെ അനുഗ്രഹം പൂർത്തിയാക്കാനുമാണ് അങ്ങനെ നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണത്